പറയുക അവൻ പരമകാരുണികനായ അള്ളാഹു സുബഹാനഹൂവധാല ആകുന്നു ഞങ്ങൾ അവനിൽ വിശ്വസിച്ചു അവനിൽ തന്നെ ഞങ്ങൾ ഭരമേൽപ്പിച്ചു അതിനാൽ ആരാണ് വ്യക്തമായ വഴിപിഴവിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും